യൂണിറ്റ് സിക്സ് ലെസൺ ട്വന്റി നമുക്കൊരു മലയാളം സിനിമ കാണണം നായർ നാളെ പ്രഭാ തിയേറ്ററിൽ ഒരു മലയാളം സിനിമയുണ്ട് കാണണ്ടേ വേണം നമുക്ക് കാണണം എന്താണ് ആ സിനിമയുടെ പേര് ഇനപ്രാവകൾ അയ്യോ അതൊരു പഴയ പടമാണ് വേണ്ട നമുക്കതിന് പോണ്ടത് മുട്ടത്തവർക്കയുടെ പ്രസിദ്ധ നോവൽ അല്ലേ അതെ നോവൽ വളരെ നല്ലതാണ് പക്ഷേ സിനിമ നല്ലതല്ല തീരെ മോശവുമില്ല എന്നാലും അതിനേക്കാൾ നല്ലൊരു പ്രോഗ്രാം ഇവിടുത്തെ ടൗൺ ഹാളിൽ എന്ത് പരിപാടിയാണിത് കഥകളി കേരള കലാമണ്ഡലക്കാരുടെ ആട്ടമാണ് വളരെ നല്ലതായിരിക്കും എന്താണ് കഥ നളചരിതം ഇവിടെ ആരാണ് ഈ പരിപാടിയുടെ സംഘാടകർ കേരള സമാജക്കാർ എന്താ മാധുരന് ഞങ്ങളുടെ ഈ കല ആസ്വദിക്കണ്ടേ പിന്നെ ഇതിന് മുൻപേ തന്നെ കാണണമായിരുന്നു ടിക്കറ്റ് നിരക്ക് നൂറ് രൂപ അൻപത് രൂപ ഇരുപത്തഞ്ച് രൂപ പത്ത് രൂപ എന്നിങ്ങനെയാണ് അതെന്താ ഇത്ര കൂടുതൽ ഇതൊരു ബെനിഫിറ്റ് ഷോയാണ് ഈ ഫണ്ട് പിരിവ് ഒരു മലയാളം സ്കൂളിന് വേണ്ടിയാണ് അത് ശരി നമുക്ക് ഇരുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുക്കണം എനിക്ക് കളി നന്നായി ഒന്ന് കാണണം എനിക്ക് ഈ കലയെ ഒരുപാട് മനസ്സിലാക്കണം എങ്കിൽ ീ സുവർണാവസരം പാഴാക്കണ്ട നാളെ തീയതി പതിനാലല്ലേ നാളെ വൈകുന്നേരം തന്നെ രണ്ട് ടിക്കറ്റ് വാങ്ങണം എന്താ സമ്മതമാണോ ഓഹോ ഇതാ പണം നായർ തന്നെ എല്ലാം ഏൽക്കണം എനിക്ക് അവരെ ഒന്നും പരിചയമില്ല നാളെ പ്രഭാ തിയേറ്ററിൽ ഒരു മലയാളം സിനിമയുണ്ട് നായർ നാളെ പ്രഭാ തിയേറ്ററിൽ ഒരു മലയാളം സിനിമയുണ്ട് കാനന്റെ കാനന്റെ വേണം നമുക്ക് കാണണം വേണം നമുക്ക് കാണണം എന്താണ് ആ സിനിമയുടെ പേര് എന്താണ് ആ സിനിമയുടെ പേര് ഇനപ്രാവുകൾ ഇണപ്രാവുകൾ അയ്യോ അതൊരു പഴയ പടമാണ് അയ്യോ അതൊരു പഴയ പടമാണ് വേണ്ട നമുക്കതിന് പോണ്ട വേണ്ട നമുക്കതിന് പോണ്ടത് മുട്ടത്തുവർക്കിയുടെ പ്രസിദ്ധ നോവൽ അല്ലേ അത് മുട്ടത്തുവർക്കിയുടെ പ്രസിദ്ധ നോവൽ അല്ലേ അതെ നോവൽ വളരെ നല്ലതാണ് അതെ നോവൽ വളരെ നല്ലതാണ് പക്ഷെ സിനിമ അത്ര നല്ലതല്ല തീരെ മോശവുമില്ല പക്ഷെ സിനിമ അത്ര നല്ലതല്ല തീരെ മോശവുമില്ല എന്നാലും അതിനേക്കാൾ നല്ല പ്രോഗ്രാം ഇവിടുത്തെ ടൗൺ ഹാളിൽ ഉണ്ട് അതിനേക്കാൾ നല്ലൊരു പ്രോഗ്രാം ഇവിടത്തെ ടൗൺ ഹാളിൽ ഉണ്ട് എന്ത് പരിപാടിയാണത് എന്ത് കേരള കലാമണ്ഡലക്കാരുടെ ആട്ടമാണ് വളരെ നല്ലതായിരിക്കും കഥകളി കേരള കലാമണ്ഡലക്കാരുടെ ആട്ടമാണ് വളരെ നല്ലതായിരിക്കും എന്താണ് കഥ എന്താണ് കഥ നലചരിതം നരിതം ഇവിടെ ആരാണ് ഈ പരിപാടിയുടെ സംഘാടകർ ഇവിടെ ആരാണ് ഈ പരിപാടിയുടെ സംഘാടകർ കേരള സമാജക്കാർ കേരള സമാജക്കാർ എന്താ മാധുറിന് ഞങ്ങളുടെ ഈ കല ആസ്വദിക്കണ്ടേ എന്താ മാധുറിന് ഞങ്ങളുടെ ഈ കല ആസ്വദിക്കണ്ടേ പിന്നെ ഇതിനു മുൻപേ തന്നെ കാണണമായിരുന്നു പിന്നെ ഇതിനു മുൻപേ തന്നെ കാണണമായിരുന്നു ടിക്കറ്റ് നിരക്ക് നൂറ് രൂപ അൻപത് രൂപ ഇരുപത്തഞ്ച് രൂപ പത്ത് രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് നൂറ് രൂപ അൻപത് രൂപ ഇരുപത്തഞ്ച് രൂപ പത്ത് രൂപ എന്നിങ്ങനെയാണ് അതെന്താ ഇത്ര കൂടുതൽ അതെന്താ ഇത്ര കൂടുതൽ ഇതൊരു ബെനിഫിറ്റ് ഷോയാണ് ഇതൊരു ബെനഫിറ്റ് ഷോയാണ് ഈ ഫണ്ട് പിരിവ് ഒരു മലയാളം സ്കൂളിന് വേണ്ടിയാണ് ഈ ഫണ്ട് പിരിവ് ഒരു മലയാളം സ്കൂളിന് വേണ്ടിയാണ് അത് ശരി നമുക്ക് ഇരുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുക്കണം അത് ശരി നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുക്കണം എനിക്ക് കളി നന്നായി ഒന്ന് കാണണം എനിക്ക് കളി നന്നായി ഒന്ന് കാണണം എനിക്ക് ഈ കലയെപ്പറ്റി ഒരുപാട് മനസ്സിലാക്കണം എനിക്ക് ഈ കലയെ പറ്റി ഒരുപാട് മനസ്സിലാക്കണം എങ്കിൽ സുവർണാവസരം പാഴാക്കണ്ട എങ്കിൽ ഈ സുവർണാവസരം പാഴാക്കണ്ട നാളെ തീയതി പതിനാലല്ലേ നാളെ തീയതി പതിനാലല്ലേ നാളെ വൈകുന്നേരം തന്നെ രണ്ട് ടിക്കറ്റ് വാങ്ങണം നാള വൈകുന്നേരം തന്നെ രണ്ട് ടിക്കറ്റ് വാങ്ങണം എന്താ സമ്മതമാണോ എന്താ സമ്മതമാണോ ഓഹോ ഇതാ പണം നായർ തന്നെ എല്ലാം ഏൽക്കണം ഓഹോ ഇതാ പണം നായർ തന്നെ എല്ലാം ഏൽക്കണം എനിക്ക് അവരെയൊന്നും പരിചയമില്ല എനിക്ക് അവരെയൊന്നും പരിചയമില്ല ഡ്രിൽസ് റെപ്പറ്റീഷൻ ഡ്രിൽ നമുക്ക് മലയാളം സിനിമ കാണണം നമുക്ക് മലയാളം സിനിമ കാണണം എനിക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോകണമായിരുന്നു എനിക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോകണമായിരുന്നു എനിക്കാ സ്ഥലങ്ങളിലൊന്നും പോകണ്ട എനിക്കാ സ്ഥലങ്ങളിലൊന്നും പോകണ്ട നായർ നമുക്ക് ഈ കാര്യം ഏൽക്കണ്ടായിരുന്നു നായർ നമുക്ക് ഈ കാര്യം ഏൽക്കണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം ആർക്കും ഒന്നും വാങ്ങണ്ടായിരിക്കും ഇന്ന് വൈകുന്നേരം ആർക്കും ഒന്നും വാങ്ങണ്ടായിരിക്കും നിനക്ക് കേശവദേവിന്റെ നോവൽ വായിക്കണോ നിനക്ക് കേശവദേവിന്റെ നോവൽ വായിക്കണോ രാധയ്ക്ക് പത്താം ക്ലാസ്സിലും ഒന്നും വായിക്കണ്ടേ രാധയ്ക്ക് പത്താം ക്ലാസ്സിലും ഒന്നും വായിക്കണ്ടേ ഗോപു നീ ഗീതയെക്കാളും നന്നായി വായിക്കേ ഗോപു നീ ഗീതേക്കാളും നന്നായി വായിക്ക് ഈ ഫണ്ട് പിരിവ് ഒരു മലയാളം സ്കൂളിനു വേണ്ടിയാണ് ഈ ഫണ്ട് പിരിവ് ഒരു മലയാളം സ്കൂളിന് വേണ്ടിയാണ് മകന് വേണ്ടി അച്ഛൻ പറയട്ടെ മകന് വേണ്ടി അച്ഛൻ പറയട്ടെ expansion drill model, സുതയ്ക്ക് കാണണം ഇപ്പോൾ സുതയ്ക്ക് ഇപ്പോൾ കാണണം അമ്മയെ സുധയ്ക്ക് അമ്മയെ ഇപ്പോൾ കാണണം അവളുടെ സുതയ്ക്ക് അവളുടെ അമ്മയെ ഇപ്പോൾ കാണണം നൗ ഫോളോ ദ മോഡൽ കൊച്ചുകുട്ടികൾക്ക് കുടിക്കണം ചായ കൊച്ചുകുട്ടികൾക്ക് ചായ കുടിക്കണം വൈകുന്നേരവും കൊച്ചുകുട്ടികൾക്ക് വൈകുന്നേരവും ചായ കുടിക്കണം രാവിലെയും കൊച്ചുകുട്ടികൾക്ക് രാവിലെയും വൈകുന്നേരവും ചായ കുടിക്കണം ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ചായ കുടിക്കണം നല്ല പുസ്തകങ്ങൾ വായിക്കണ്ട ആർക്കും നല്ല പുസ്തകങ്ങൾ ആർക്കും വായിക്കണ്ട ഇപ്പോൾ നല്ല പുസ്തകങ്ങൾ ഇപ്പോൾ ആർക്കും വായിക്കണ്ട എനിക്ക് സന്തോഷിക്കണ്ടും എനിക്ക് ഇത്രയൊന്നും സന്തോഷിക്കണ്ട ചെറിയ കാര്യത്തിന് എനിക്ക് ചെറിയ കാര്യത്തിന് ഇത്രയൊന്നും സന്തോഷിക്കണ്ട ഈ എനിക്ക് ഈ ചെറിയ കാര്യത്തിന് ഇത്രയൊന്നും സന്തോഷിക്കേണ്ട കൊച്ചുകുട്ടികൾക്ക് പാലല്ലേ നല്ലത് ചായയെക്കാളും കൊച്ചുകുട്ടികൾക്ക് ചായയേക്കാളും പാലല്ലേ നല്ലത് എപ്പോഴും കൊച്ചുകുട്ടികൾക്ക് എപ്പോഴും ചായയേക്കാളും പാലല്ലേ നല്ലത് പച്ചക്കറികളും നമുക്ക് പച്ചക്കറികളും വാങ്ങണോ എല്ലാ നമുക്ക് എല്ലാ പച്ചക്കറികളും വാങ്ങണോ നാളെ തന്നെ നമുക്ക് നാളെ തന്നെ എല്ലാ പച്ചക്കറികളും വാങ്ങണോ സത്യക്ക് വേണ്ടി സദ്യയ്ക്ക് വേണ്ടി നാളെ തന്നെ നമുക്ക് എല്ലാ പച്ചക്കറികളും വാങ്ങണോ ആർക്കും സംസാരിക്കണ്ടേ ഫോണിൽ ആർക്കും ഫോണിൽ സംസാരിക്കണ്ടേ ഇവിടത്തെ ർക്കും ഇവിടത്തെ ഫോണിൽ സംസാരിക്കണ്ടേ ഇപ്പോൾ ആർക്കും ഇപ്പോൾ ഇവിടത്തെ ഫോണിൽ സംസാരിക്കണ്ടേ എനിക്ക് തീർക്കണ്ടേ അഞ്ചു മിനിറ്റിൽ എനിക്ക് അഞ്ചു മിനിറ്റിൽ തീർക്കണ്ടേപ്പുടിയുമൊക്കെ എനിക്ക് കാപ്പി കുടിയുമൊക്കെ അഞ്ചു മിനിറ്റിൽ തീർക്കണ്ടേ എനിക്ക് കുളിയും കാപ്പിയുടിയുമൊക്കെ അഞ്ചു മിനിറ്റിൽ തീർക്കണ്ടേ സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ രാധയ്ക്ക് ഇന്ന് തന്നെ ഓഫീസിൽ പോകണം വരണം രാധയ്ക്ക് ഇന്ന് ഓഫീസിൽ വരണം എത്തണം രാധയ്ക്ക് ഇന്ന് തന്നെ ഓഫീസിൽ എത്തണം ഇരിക്കണം രാധയ്ക്ക് ഇന്ന് തന്നെ ഓഫീസിൽ ഇരിക്കണം ചോദിക്കണം രാധയ്ക്ക് ഇന്ന് തന്നെ ഓഫീസിൽ ചോദിക്കണം നമുക്ക് അവനെ ശല്യപ്പെടുത്തണ്ട കാണണ്ട നമുക്ക് അവനെ കാണണ്ട നമുക്ക് അവനെ നോക്കണ്ട വിളിക്കണ്ട നമുക്ക് അവനെ വിളിക്കണ്ട പറ്റിക്കണ്ട നമുക്ക് അവനെ പറ്റിക്കണ്ട അവർക്ക് ആ കവിത അവർക്ക് ആ കവിത വായിക്കണോ അവർക്ക് ആ കവിത ആസ്വദിക്കണോ വാങ്ങണോ അവർക്ക് ആ കവിത വാങ്ങണോ ർക്കും സംസാരിക്കണ്ടേ മിണ്ടേ ഇനി ഇവിടെ ആർക്കും മിണ്ടേ നിൽക്കണ്ടേ ഇനി ഇവിടെ ആർക്കും നിൽക്കണ്ടേ ചോദിക്കണ്ടേ ഇനി ഇവിടെ ആർക്കും ചോദിക്കണ്ടേണ്ടേ ഇനി ഇവിടെ ആർക്കും പറയണ്ടേ മോഡൽ ടു ഈ സിനിമ എന്നെക്കാളും എന്റെ ചേട്ടനാണ് ഇഷ്ടം നിന്നെക്കാളും ാണ് ഇഷ്ടം ഈ സിനിമ ചേട്ടനാണ് ഇഷ്ടം അവളെ ഈ സിനിമ അവളെക്കാളും എൻറെ ചേട്ടനാണ് ഇഷ്ടം മധുവിനെക്കാളും ാളും എൻ്റെ ചേട്ടനാണ് ഇഷ്ടം വാസുവിന് വേണ്ടി ആ വീട് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അച്ഛൻ ആ വീട് വാങ്ങണം ലീലയ്ക്ക് വേണ്ടി ലീലയ്ക്ക് വേണ്ടി അച്ഛൻ ആ വീട് വാങ്ങണം രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി അച്ഛൻ ആ വീട് വാങ്ങണം രവിക്ക് വേണ്ടി രവിക്ക് വേണ്ടി അച്ഛൻ ആ വീട് വാങ്ങണം രാമന് വേണ്ടി രാമനു വേണ്ടി അച്ഛൻ ആ വീട് വാങ്ങണം ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ വൺ ഇവിടെ അവർക്ക് വരണം ഇവിടെ അവർക്ക് വരണ്ട നൗ ഫോളോ ദോഡൽ കേശവദേവിന്റെ നോവൽ ആ പെണ്ണിനും വായിക്കണം കേശവദേവിന്റെ നോവൽ ആ പെണ്ണിനും വായിക്കണ്ട ടൗൺ ഹാളിലെ കഥകളി എല്ലാവർക്കും കാണണം ടൗൺ ഹാളിലെ കഥകളി എല്ലാവർക്കും കാണണ്ട ആ കഥ എല്ലാവർക്കും മനസ്സിലാകണം ആ കഥ എല്ലാവർക്കും മനസ്സിലാകണ്ട എനിക്ക് ഒരു വീട് വാടക എനിക്ക് ഒരു വീട് വാടകയ്ക്കെടുക്കണ്ട അയാൾക്ക് ഒരു മലക്കറി വാങ്ങണം അയാൾക്ക് ഒരു മലക്കറി തോട്ടം വാങ്ങണ്ട മോഡൽ ടു കുട്ടികൾക്ക് നടക്കണം കുട്ടികൾക്ക് നടക്കണോ നൗ ഫോളോ ദോഡൽ മധുവിന് വലിയ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ കാണണം മധുവിന് വലിയ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ കാണണോ രാജ്യത്തിനും അനിയനും അവരുടെ അമ്മാവന്റെ വീട്ടിൽ പോകണം രാജ്യത്തിനും അനിയനും അവരുടെ അമ്മാവന്റെ വീട്ടിൽ പോകണോ സുമത്തിന് കഥകളി കാണണം സുമത്തിന് കഥകളി കാണണോ മോഡൽ ത്രീ കുട്ടികൾക്ക് കാണണ്ട കുട്ടികൾക്ക് കാണണ്ടേ രാധയ്ക്ക് എല്ലാം മനസ്സിലാക്കണ്ട രാധയ്ക്ക് എല്ലാം മനസ്സിലാക്കണ്ടേ കുഞ്ഞു മോനും പാല് കുടിക്കണ്ട കുഞ്ഞു മോനും പാല് കുടിക്കണ്ടേച്ച് കാണണ്ട ആ പുതിയ വാച്ച് കാണണ്ടേ അവൾക്ക് കഥ വായിക്കണ്ട അവൾക്ക് കഥ വായിക്കണ്ടേ റെസ്പോൺസ് ഡ്രിൽ മോഡൽ വൺ ഇന്ന് നിനക്ക് അവളുടെ കൂടെ പോകണോ വേണം എനിക്കിന്ന് അവളുടെ കൂടെ പോകണം വേണ്ട എനിക്കിന്ന് അവളുടെ കൂടെ പോകണ്ട മോനെ നിനക്കിന്ന് ചായ കുടിക്കണോ വേണം എനിക്കിന്ന് ചായ കുടിക്കണം വേണ്ട എനിക്കിന്ന് ചായ കുടിക്കണ്ട കുട്ടികളെ നിങ്ങൾക്ക് നാളെ ആറു മണിക്ക് തന്നെ വീട്ടിൽ എത്തണോ വേണം ഞങ്ങൾക്ക് നാളെ ആറു മണിക്ക് തന്നെ വീട്ടിൽ എത്തണം വേണ്ട ഞങ്ങൾക്ക് നാളെ ആറു മണിക്ക് തന്നെ വീട്ടിൽ എത്തണ്ട ലീലയ്ക്ക് കഥാപുസ്തകങ്ങളൊക്കെ വായിക്കണോ വേണം എനിക്ക് കഥാപുസ്തകങ്ങളൊക്കെ വായിക്കണം വേണ്ട എനിക്ക് കഥാ പുസ്തകങ്ങളൊക്കെ വായിക്കണ്ട മോഡൽ ടു നിനക്കും കഥകളി ആസ്വദിക്കണ്ടേ വേണം എനിക്കും കഥകളി ആസ്വദിക്കണം വേണ്ട എനിക്കും കഥകളി ആസ്വദിക്കണ്ട നൗ ഫോളോ ദ മോഡൽ വലിയ വീട് വാടകയ്ക്ക് എടുക്കണ്ടേ വേണം വലിയ വീട് വാടകയ്ക്കെടുക്കണം വേണ്ട വലിയ വീട് വാടകയ്ക്കെടുക്കണ്ട കുട്ടികൾക്ക് ഇപ്പോൾ ആഹാരം കൊടുക്കണ്ടേ കുട്ടികൾക്ക് ഇപ്പോൾ കൊടുക്കണം വേണ്ട കുട്ടികൾക്ക് ഇപ്പോൾ ആഹാരം പുതിയ സിനിമ നമുക്കും കാണണ്ടേ സിനിമ നമുക്കും കാണണം വേണ്ട പുതിയ സിനിമ നമുക്കും കാണണ്ട മോഡൽ ത്രീ നിങ്ങൾക്ക് എന്നും രാവിലെ എന്ത് കുടിക്കണം എനിക്ക് എന്നും രാവിലെ നല്ല കാപ്പി കുടിക്കണം നൗ ഫോളോ ദ മോഡൽ ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് എവിടെ പോകണം ഇന്ന് വൈകുന്നേരം എനിക്ക് നിനക്കിപ്പോൾ എന്തു വായിക്കണം ഒരു സിനിമാ ടിക്കറ്റിന് എത്ര രൂപ കൊടുക്കണം മോഡൽ ഫോർ ചേട്ടാ നമുക്കിന്ന് മാർക്കറ്റിൽ പോകണ്ടേ മാർക്കറ്റിലോ വേണ്ട എനിക്കിന്ന് വേറെ ഒരു സ്ഥലത്ത് പോകണം സുഗു നമുക്കിപ്പോൾ ആ പുസ്തകം വായിക്കണ്ടേ ആ പുസ്തകമോ വേണു നമുക്ക് എക്സിബിഷന് പോവണ്ടേ എക്സിബിഷനോ മാലതി നമുക്ക് ഇംഗ്ലീഷ് സിനിമ കാണണ്ടേ ഇംഗ്ലീഷ് സിനിമയോ വേണ്ട <laughs>